വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും മുഹമ്മദ് ബിസ്വല്ലാഹ് അലഹി വസ്ലത്തിന് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുകയും ചെയ്തവർ അത് അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള സത്യമാകുന്നു അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള സത്യമാകുന്നു അവരുടെ തിന്മകൾ അവൻ മായ്ച്ചു അവരുടെ അവസ്ഥ ശരിയാക്കുകയും ചെയ്യും